തീർച്ചയായും ലുക്മാൻ അലിഹിസ്സലാമിന് നാം ജ്ഞാനം നൽകി അള്ളാഹു സുബഹാനുഹോത്ാലായ്ക്ക് നന്ദി കാണിക്കുക ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ അവൻ തന്റെ സ്വന്തം നന്മയ്ക്കായിട്ടാണ് നന്ദി കാണിക്കുന്നത് എന്നാൽ ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ തീർച്ചയായും അള്ളാഹു സുബഹാനുഹോത്ാല എല്ലാവരിൽ നിന്നും മുക്തനും സ്തുത്യർഹനുമാകുന്നു